ഉപജീവനത്തിൽ അള്ളാഹുസുബഹാനഹുവ ചായല നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കി അങ്ങനെ ശ്രേഷ്ഠത നൽകപ്പെട്ടവർ തങ്ങളുടെ അടിമകൾക്ക് നൽകി അവരെല്ലാം തുല്യരാക്കാൻ തങ്ങളുടെ ഉപജീവനത്തിൽ നിന്ന് നൽകുമോ അള്ളാഹുസുബഹാനഹുവ ചായലായായായുടെ അനുഗ്രഹത്തെയാണോ അവർ നിഷേധിക്കുന്നത്